സൃഷ്ടം നാമർഗം ഒമ്പതാം ക്ലസർഗം മറ്റുള്ളവർക്ക് അതിന്റെ ആവർത്തനമാണ് ഒമ്പതാം മസർഗത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് അതിനുള്ളത് കഴിഞ്ഞതിന്റെ തുടർച്ചയാണ് പതിനൊന്നാമത്തെ ശ്ലോകം ശ്രീരാമ ഉച്ച രാമന്റെ ഒരു ചോദ്യമാണ് ഉത്തമുഷ്ടം കഥം സർവധിതം തദ്വം ദൈവം എന്ന് പറയുന്നത് പൂർവകർമ്മങ്ങളെന്ന് സഞ്ചയിച്ചതാണ് എന്ന് നേരത്തെ പറയാം വിധി എന്ന് പറയുന്നത് പൂർവ കർമ്മം അങ്ങനെയാണെങ്കിൽ തോയാ കഥം ദൈവമിന്റെ മുക്തം അപ്ത ദൈവത്തെ എങ്ങനെ അങ്ങ് നിക്ഷേപിച്ചു ദൈവമില്ലാന്ന് പറഞ്ഞു ദൈവം നാമ നൽകി തെയ്യും ദൈവം അങ്ങോട്ടും ഇല്ല എന്ന് പറയും വിധിയെന്ന് പറയുന്നില്ലെന്നു വർക്ക് പക്ഷേ കൃത്വം എന്ന് പറഞ്ഞത് പൂർവ ജന്മകൃത്തമായ വിധിയുമായി രണ്ടും പരസ്പരവിരുദ്ധമാണ് പൂർവ ജന്മകൃത്തമാണ് വിധിയും വിധിയേ ഇനി വിധിയില്ല പൗരുഷമേ ഓളന്ന് പറഞ്ഞാൽ നമ്മുടെ വിധിയെന്ന് ശരി ഇതാണ് വച്ചോ അത് മറുപടിയാണ് സാധുരാഘവൻ അനാസിന് രാഘവാനാസി മനസ്സിലാക്കിയത് ശരി തന്നെയാണ് അഖിലം പക്ഷിയാണ് ഇതോടെ ഞാൻ കാര്യങ്ങൾ തെളിച്ചു പറയാൻ ശ്രമം കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വിധി അങ്ങനെയൊന്നില്ല വിധി ഒന്നില്ല എന്നുള്ള സ്ഥിര ബുദ്ധി നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് അങ്ങനെ ഒന്നില്ല അത് നടപ്പമാണോ എങ്ങനെ ഭൂമത്തിലെ ഭൂതിശും കർമ്മഭാവിയും എന്നാണ് പരിണത്തി എന്താണ് ഈ ദൈവം അല്ലെങ്കിൽ വിധിയെന്ന് പറയുന്നത് മനോവാസന ഇപ്പോൾ ഉണ്ടായ മനോവാസന മനസ്സിന്റെ വാസന പൊതുവെന്ന് പറഞ്ഞാൽ മേശ പൂർവജന്മങ്ങളാണ് എന്താണോ ഉണ്ടായത് ഭൂസ ധാരാളം വാസനകളുണ്ടായി പൊതു പൂർവജന്മങ്ങളുണ്ടായി കർമ്മങ്ങളിൽ നിന്നും വാസനയുണ്ടായി സാങ്കേതിക ആ വാസന തന്നെയാണ് നിർണാമം കർമ്മഭാവിയയിൽ പരിണതിപ്പെടുത്താൻ ആ വാസനയാണ് ഇപ്പോ ഈ ജന്മത്തിൽ കർമ്മമായി പരിണമിച്ചിരിക്കുന്നത് പൂർവജന്മങ്ങളുടെ വാസനയാണ് ഈ ജന്മത്തിൽ കർമ്മമായി ചെയ്യുന്നത് അപ്പോ അത് അംഗീകരിക്കും ആ രീതിയിൽ പൂർവ്വജന്മങ്ങളുടെ കർമ്മം വാസന എന്നുള്ള നിലയ്ക്ക് ഈ ജന്മത്തിലത് കർമ്മമായി മാറുമ്പോൾ അതിന് വിധി എന്ന് പറയാൻ പറ്റില്ലെന്നോ ജന്തുവാസനോ രാമ തത്കർത്താ ഭാവും അന്യകർമ്മ അന്യഭാവസ് ഏതൽ ദൈവകുംബത്തിലെ ജന്തുർ യദ്വാസനോ രാമ ഒരു മനുഷ്യൻ ഈ ജന്മത്തിൽ ഏത് വാസനയോടുകൂടിയവനാണോ അവന്റെ ഉള്ളിൽ എന്ത് വാസനയാണോ ആ വാസനയ്ക്കനുസരിച്ച് ക്ഷണാർത്ഥക്കൾക്കാ ഭാവം അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു മനുഷ്യനെ ഓരോ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് അവനും പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന അവന്റെ വാസന അന്യകർമ്മ അന്യഭാവസ്ഥ ചെയ്തതിന്റെ അവന്റെ ഈ ജന്മത്തിലെ കർമ്മം ഒന്നാണ് അന്യഭാവത്തിൽ വെച്ചാൽ അന്യവാസന വേറെ ഒന്നാണ് അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ സദ്ഭാവ സത്കർവാസന എന്നുള്ള സത്പ്രവൃത്തികൾ ദുഷ്ടഭാവന ദുഷ്ടവാസന എന്നുള്ള ദുഷ്പ്രവൃത്തികൾ ഒരാൾ പുണ്യപ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ പൂർവജന്മങ്ങളുടെ പുണ്യവാസന എന്നാൽ പാപ പ്രവൃത്തികളാണ് അയാളെ ഏർപ്പെടുന്നതിന്റെ അയാളെ തീർച്ചയായും പൂർവ്വജന്മങ്ങളുടെ പാപവാസന ഇതാണ് പൊതുവെ പദ്വൈദ്യ സിദ്ധാന്തം ഇതേ കാര്യങ്ങളും രോഗശാസ്ത്രത്തിൽ നിന്നെങ്കിൽ വാസനക്കനുസരിച്ച് പ്രവൃത്തി എന്നാണ് ഇവിടെ എന്താണ് നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ വാസന അതിന് അനുസരിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രാമ ഗ്രാമമാകുന്ന പത്തനാൾ തീ പത്തനം യോയോ യദ്വാസനം തത്ര സ സേതദേശി സഞ്ചരിക്കുന്നു ഗ്രാമത്തിലെത്തിച്ചേരുന്നു ഗ്രാമകഹ് ഗ്രാമത്തിൽ സഞ്ചരിക്കുന്നു ഗ്രാമം മാത്രമൊക്കെ ഗ്രാമത്തിലെത്തിച്ചേരും പത്തനാർത്തി പത്തനം പട്ടണം പട്ടണത്തിലേക്കാണ് ഒരാൾ യാത്ര ചെയ്യുന്നെങ്കിലയാൾ പട്ടണത്തിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ അയാൾ പോകുമ്പോൾ അയാളുടെ മനസ്സിലൊരു സങ്കല്പം കാണുമ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം സങ്കല്പിച്ചിട്ട് അയാൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതനുസരിച്ച് അയാൾ അവിടെ എത്തിച്ചേരുന്നത് ആ സങ്കല്പം എന്ന് പറയുന്ന അയാളുടെ യോ യോ യാസന ഓരോ മനുഷ്യനും എന്ത് വാസനയോടുകൂടിയാണ് എന്ത് സങ്കല്പത്തോടുകൂടിയാണ് തത്ത് തത്ര സപ്രേത ആ വിഷയത്തിൽ അവൻ പ്രവർത്തിക്കും സദാ എപ്പോഴും ഒരു മനുഷ്യനെപ്പോഴും പ്രവർത്തിക്കുന്നത് അവന്റെ വാസനക്കനുസരിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങളും യദൈവതീവ്രസംഘ ദൃഢം കർമ്മകൃതം തുല തദൈവ ദൈവശുദ്ധേന പര്യായീവതീവ്രസന്ധേന വളരെ ആഗ്രഹത്തോടുകൂടി സമ്പേകം എന്ന് വെച്ചാൽ ഫലാഗ്രഹം വളരെ കടുത്ത ഫലാഗ്രഹത്തോടുകൂടി ദൃഢം കർമ്മങ്ങൾ നമ്മളുണ്ടാവും വളരെ ദൃഢമായ കർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് സദൈവ ദൈവശ്ദേ ആ ചെയ്ത കർമ്മങ്ങളിൽ നിന്നുണ്ടായ വാസനയാണ് പര്യായീണ ദൈവശബ്ദയാണ് മറ്റൊരു പര്യായ ശബ്ദമാണ് ദൈവവിധി എന്ന് പറയുന്നത് ഇഹ കഥ്യതും അപ്പൊ പൂർവ്വ ജന്മങ്ങളിൽ ദൃഢമായ കർമ്മങ്ങൾ അതിൽ നിന്നുണ്ടായ വാസന അതാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ഇന്ന് പ്രവർത്തിക്കുന്നു കർമ്മസ്ഥ കർമ്മി കർമ്മപ്രൗഢാസ്വവാസ വാസന മനസോ നാന്യാണ് മനോഹി പ്രശസ്സം കർമ്മസ്ഥി കർമ്മസ്ഥനും കർമ്മം ചെയ്യുന്നവനിലാണ് കർമ്മങ്ങൾ സ്ഥിതി പുരുഷനിലാണ് കർമ്മസ്ഥൻ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്ന പുരുഷൻ ആത്മാവ് അദ്വൈത മതമനസ്സിൽ ഉപാധികളോടുകൂടിയിരിക്കുന്ന മനസ്സിൽ ഉപാധികളോടുകൂടിയിരിക്കുന്ന ആത്മാ ആത്മാവിനാണ് ഈ കർമ്മങ്ങളെല്ലാം നിലനിർത്തുന്നത് എന്നുവെച്ചാ അത് പ്രത്യേകം പറയുന്നു കർമ്മം ജഡമായ ശരീരത്തിലോ ബാഹ്യമായ വസ്തുക്കളല്ല ചേതനായ പുരുഷനാണ് കർമ്മം എനിക്ക് കർമ്മപ്രൗഢ സ്വവാസ കർമ്മ കൊണ്ട് കർമ്മണ പ്രൗഢ വളർത്തിയതാണ് വാസന എന്നുള്ളത് വളർന്നതാണ് പ്രൗഢം എന്നുവെച്ചാൽ വളർന്നതല്ല എന്ത് വാസന കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് വാസന എന്താണ് പ്രവൃത്തിക്കനുസരിച്ച് ശീലം സ്വഭാവം അനുഭവപ്പെടുത്തും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത് ശീലിക്കുന്നു നിരന്തരം എന്ത് അഭ്യസിക്കുന്നു അവരുടെ സ്വഭാവങ്ങളും അതനുസരിച്ച് വരും അതാണ് കർമ്മപ്രൗഢ സുവാസന വാസന മനസ്സോ തന്നെയാണ് വാസന മനസ്സ് തന്നെയാണ് മനസ്സിൽ നിന്ന് അന്യമായിട്ട് വാസന എന്ന് പറയുന്ന മനോഹർ പുരുഷസ് പുരുഷൻ ആത്മാവ് ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ് ജീവൻ എന്ന് പറയുന്നത് മനസ്സ് ഇതും വാശിത്തിന് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പുരുഷൻ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത് അത് മനസ്സാണ് ഇതിവിടെ മനസ്സിന് അത്രയും വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് മനസ്സിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം മനസ്സില് ഒരു ജീവന്റെ ഘടകമായിരിക്കുന്ന ഒരു സ്വതന്ത്ര പദാർത്ഥമായിട്ടാണ് ഇവിടെ സ്വീകരിക്കുന്നത് മനസ്സിനൊരു വസ്തുവായിട്ടാണ് സ്വീകരിക്കുന്നത് അത് അല്ല ജീവൻ വിടുന്നില്ല ജന്മ ജന്മാന്തരങ്ങളും മനസ്സുമായിട്ട് ജീവൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം മനസ്സാണ് പുരുഷൻ ജീവാത്മാവെന്ന് പറയുന്നതിന് രണ്ടു തരത്തിൽ പറയാം ഒന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മറ്റൊന്ന് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളെ വെച്ചുകൊണ്ട് പറയുന്നു സിദ്ധാന്തമനുസരിച്ച് പറഞ്ഞാൽ എന്താണ് മനസ്സെന്ന് പറയുന്നത് അദ്വീതമനുസരിച്ച് മനസ്സിൽ കൽപ്പിതമാണ് ബ്രഹ്മഭിന്നമായെല്ലാം കൽപ്പിതമാണ് പുരുഷൻ ആത്മാവ് ആത്മാവിൻ കൽപ്പിതമാണ് മനസ്സ് കല്പിതമെന്ന് പറയുമ്പോൾ അത് അതിനുള്ള ജന്മമാണ് മിഥ്യാണ് രജുവിൽ കല്പിതമായിരിക്കുന്ന സർപ്പം ജ്ജുവിൽ നിന്ന് വേറെയല്ല അങ്ങനെയാണെങ്കിൽ പുരുഷന് കൾട്ടിതമായിരിക്കുന്നത് പുരുഷൻ തന്നെയാണ് അദ്വൈതത്തിന്റെ സാങ്കേതികമായ വ്യാഖ്യാനം അനുസരിച്ച് അങ്ങനെ പറയും മനസ്സിൽ നിന്ന് വേറിട്ടില്ല വേണ്ടി പറയുന്നതല്ല ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ കൽപ്പിതമാവും പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് അദ്വൈതത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഇത് ഇത് പറയുന്ന എന്താണ് ഒരു യുക്തിയിലൂടെ സമർത്ഥിക്കുന്നത് അദ്വൈതയുടെ ഒരു പ്രബലമായ യുക്തിയാണ് അനന്യത്വ യുക്തി ബ്രഹ്മത്തിൽ തന്നെയായിട്ടൊന്നുമില്ല അതെല്ലാം ബ്രഹ്മം തന്നെ ആ രീതിയിൽ ഇതെടുക്കാം മുഖ്യമായ സിദ്ധാന്തം യുക്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ശങ്കരാചാര്യം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കില്ല അദ്വീതികൾ മാത്രം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാമാനുജനോ മധുനോ സാങ്കേതിക വിചാരികനോ വേറെ ആസ്തികന്മാരൊന്നും ഇത് സ്വീകരിക്കില്ല അവർക്ക് ആ രീതിയിൽ പറയാനുള്ള എന്താണെന്ന് മനോഹരുഷസ്മൃത ഇനി മറ്റൊരു തരത്തിൽ പറയാം ഇപ്പൊ മനുഷ്യൻ പുരുഷൻ എന്ന് പറയുന്ന ഓരോ ജീവൻ ആ ജീവൻ എന്ന് പറയുന്നത് ഇപ്പോ ഇങ്ങനെ ജീവഭാവത്തിലിരിക്കുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മനസ്സ് അപ്പോ മനസ്സെങ്ങനെയോ അങ്ങനെയാണ് ജീവന്റെ ജീവിതം എന്ന് പറയും മനസ്സിനനുസരിച്ചാണ് ഒരു പുരുഷൻ ആരാണ് എങ്ങനെയാണ് എന്നൊക്കെ തീരുമാനിക്കും ആ ഒരു രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യുക അതാണ് വാസനയെ കുറിച്ച് പറയും ശുഭവാസനയുള്ളവനാണെങ്കിൽ അവൻ പറയും അവനൊരു നല്ല ജീവനാണെന്ന് പറയും അപ്പം മനസ്സിൻ്റെ അവന് നല്ലവശുഭാസനകളുള്ളതാണെങ്കിൽ കാരണം ഇവിടെ പറഞ്ഞു വാസന എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് അശുഭവാസന എന്നുള്ള കുറിച്ച് പറയും അവൻ ചീത്തയാണ് അപ്പോ ഒരു ജീവനെ നല്ലതാക്കുന്നതും ചീത്തതാക്കുന്നതൊക്കെ എന്താണ് അവന്റെ മനസ്സാണ് മനസ്സെന്ന് പറയുന്നത് നേരത്തെ മനസ്സും വാസന മനസ്സുവിനായി മനസ്സ് തന്നെയാണ് വാസന വാസനയാണ് ഇതിന്റെ അങ്കാരണം അപ്പൊ വലിയ പങ്കുള്ള പൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ഇവർ സമ്പാദിച്ച യോഗവിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ വാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അഭ്യൂതത്തിൽ രണ്ടു കാഴ്ചപ്പാടും ഒന്ന് അധ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവര് മറ്റൊരു പ്രാധാന്യം കൊടുക്കുന്നത് അധ്യാസത്തെ സ്വീകരിച്ചാലും സ്വീകരിക്കേണ്ടി വരും പലതിനും വാസനയെ സ്വീകരിക്കാതെ അധ്യാസത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാസത്തെക്കുറിച്ച് ചർച്ചയും നടത്തും വാസനയെ കുറിച്ചൊന്നും മണ്ടുന്നില്ല പക്ഷെ വാചസ്പമിശിൽ നിന്നും മറ്റും വേഖ്യുന്നത് വാസനയ്ക്കാണ് പ്രാധാന്യം അല്ലാതെ അധ്യാസം സാധിക്കും വാസന അനാദിയാണെങ്കിൽ എന്തുകൊണ്ട് അനാദിയായി വാസന അധ്യാസം അനാദിയാണെങ്കിൽ എന്തുകൊണ്ട് അനാദിയായ അഭ്യാസങ്ങളൊന്നും വാസന സ്വീകരിച്ചെക്കും അതുകൊണ്ട് ഒരു കാലത്തൊന്നും അറിയില്ല ഭാഷകാരന് ശേഷം വന്നവരെല്ലാം വാസനക്കാണ് പ്രാധാന്യമുള്ളത് വാസന എന്താ കുറവുറോ ജന്മങ്ങളിൽ നിന്ന് സമ്പാദിച്ച ഒരു സംസ്കാരം ചിത്ത സംസ്കാരം എന്നുമോലും ഉള്ളതുകൊണ്ടാണ് അധ്യാസം സംഭവിക്കുന്നത് എന്നാണ് അവരുടെ നിലപാട് അപ്പോൾ അത് യോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വാസനക്ക് പ്രാധാന്യം വന്നുകഴിഞ്ഞാൽ അവിടെ യോഗവും കിടന്നു കാരണം പിന്നെ വാസനയെ നശിപ്പിക്കുന്നു പിന്നെ വാസനയെ നശിപ്പിക്കാനുള്ള പണിയെടുക്കും വാസനയെ നശിപ്പിക്കുന്ന യോഗം കൂടെ ആസ്വാദിക്കും കാരണം വാസനയെ നശിപ്പിക്കുന്നതിനുള്ള വിദ്യകളൊക്കെ പറയുന്നത് യോഗത്തിലാണ് അജ്ഞാനം ജ്ഞാനം കൊണ്ട് നശിക്കും വാസന യോഗം കൊണ്ട് നശിക്കും ദ്വൈതത്തിന്റെ രണ്ട് പ്രക്രിയകൾ വരുന്നത് രണ്ട് പ്രബലമായ കാഴ്ചപ്പാടുകൾ വരുന്നങ്ങനെ രണ്ടിന്റെയും രണ്ടും വ്യത്യാസം ഇത് സാറിന് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നു വ്യത്യാസങ്ങളുണ്ടെന്നും രണ്ടായ കെ തന്നെ ഇതുകൊണ്ടാണെന്നും വാസനയ്ക്ക് പ്രാധാന്യം വന്നാൽ യോഗം ഞാനൊരു പ്രാധാന്യം കൊടുക്കും അധ്യാസം ഇവിടെ വാസത്തിന് മുന്നോട്ട് ഈ വാസനക്ക് പ്രാധാന്യം കൊടുത്ത ചർച്ച പുരുഷൻ വാസനാ മയനാണോ ജീവൻ വാസന മനസ്സിലാണോ അല്ലെങ്കിൽ മനസ്സ് തന്നെയാണോ വാസന അങ്ങനെയാണെങ്കിൽ പുരുഷന് ഈ പറഞ്ഞു പറയേണ്ടതാണ് പുരുഷൻ മനോഹര പുരുഷ മനസ്സ് തന്നെയാണ് പുരുഷൻ അപ്പൊ നമ്മുടെ ആന്തരികമായുള്ള അസുഖം ദുഃഖം ഈ അനുഭവമാണ് സുഖ ദുഃഖം എന്ന് വെച്ചാൽ സുഖദനുഭവം ഈ സുഖ അനുഭവങ്ങൾ വേണ്ടി ഇവിടെ മനസ്സിലാണ് ആത്മാവിൽ സുഹൃതം എന്ന് പറയാൻ പറ്റില്ല കാരണം ആത്മാവ് നിർമൂണമാണ് സാങ്കേതികം പറയത്തില്ല അപ്പൊ സ്വദുക്കുമൊക്കെ മനസ്സിലാണ് അപ്പൊ താൻ സുഖിയായും ദുഃഖിയായും ഇരിക്കുന്നുന്ന് വെച്ച മനസ്സാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ താൻ മനസ്സായിരിക്കുന്നു എല്ലാ വികാരങ്ങളും കാമം ക്രോധം നോക്കും ഇതെല്ലാം ഇവിടെ മനസ്സിലാണ് മനസ്സിലും കാമങ്ങൾക്കൊക്കെ തുറന്നു ഞാൻ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം കാരണം എന്താണോ ശിശുവിൽ തന്നെ എന്താണ് കാമന അതിന്റെ ആഗ്രഹം നടക്കുന്നു പ്രത്യക്ഷപ്പെടുന്നു ദുഃഖം പ്രത്യക്ഷപ്പെടുന്നു എന്തുകൊണ്ട് അത് പ്രത്യക്ഷപ്പെടുന്നു പൂർവ്വജന്മ സംസ്കാരവും ഭക്ഷ്യകാലം പറയുക അത് തന്നെ വാസനം അതുകൊണ്ടാണ് അത് പ്രത്യക്ഷപ്പെടുന്നത് പൂർവ ജന്മത്തിലെ ജനിക്കുന്ന ശിശു പോലും മനോമയനായി എല്ലാർത്ഥത്തിൽ ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ ആ മനസ്സിൻ്റെ പ്രകടമായ ഭാവമാണ് ഈ പുരുഷൻ എന്താണ് മനോമയനാണ് അങ്ങനെ പുരുഷൻ മനസ്സ് തന്നെ മനസ്സിൽ നിന്ന് വേർതിരിച്ചൊരു പുരുഷൻ എന്നത് ഈ പറയുന്നതിന് ഒരു അതുകൊണ്ടാണ് പലയിടത്തും പുരുഷന് അറിവ് തന്നെയെന്ന് പറയും മനസ്സെന്ന് പറയുന്ന അറുപത് തന്നെ ഇവിടെ പറയും അറിവെന്ന് പറയുന്നതന്നെ മനസ്സിലാധാരണ പറയുന്നതുപോലെ വിരത്ത് പഠിക്കുന്നതുപോലെ മനസ്സ് പേരെ അറിവ് പേരെ അങ്ങനെയാണ് മനസ്സായിരിക്കുന്നത് തന്നെ അറിവ് അറിവ് തന്നെയാണ് വാസ അതടുത്ത് പ്രത്യേകം എടുത്ത് പറയും അതുകൊണ്ട് ചിലടത്ത് അദ്വൈതകൾ എന്ത് പറയും പുരുഷൻ എന്ന് പറഞ്ഞ അറിവാണ് അപ്പൊ ശരിയായി പുരുഷൻ മനസ്സായി അപ്പൊ ആ പുരുഷൻ ഇങ്ങനെ സദാ വികാരപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സുതിയായും യുക്തിയായും കാമിയായും ബ്രോധിയായും അഹംബോധത്തോടു കൂടിയൊക്കെ പുരുഷനെ അങ്ങനെ സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഒരു പുരുഷനെ സ്വീകരിക്കുകഴിഞ്ഞാൽ മുക്തി പോലെയുള്ള ആശയങ്ങൾക്ക് തടസ്സം െന്ന് പറയോ ഈ അറിവിനൊ വേറിട്ട് ഒരു നിർവിശേഷനായ ഒരു പുരുഷനുണ്ടെന്നുള്ളത് അത്വൈതൊരു സിദ്ധാന്തമാണ് അറിവ് എന്ന പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ പറയും നിർവിശേഷനായ ഒരു പുരുഷൻ ഞാൻ അറിവെന്ന് പറഞ്ഞാലോ ഇപ്പൊ അറിവിനീലുണ്ടാവും അറിവെന്ന് പറയുന്നത് നിർവിശേഷനായ ഒരറിവ് അതാണ് പുരുഷ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മനസ്സല്ല പുരുഷ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നിർവിശേഷമായ അറിവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന അത് കേവലം അദ്വൈതിയുടെ സിദ്ധാന്തത്തിൽ മാത്രമുള്ളത് അദ്വൈതി പറയുന്ന പോലെ വേറെ ആരോസിക്കും നിർവിശേഷമായ ഏകമായ ഒരു അറിവ് എന്നാൽ ആ അറിവ് തന്നെ ഇപ്പോ മനോമയനായും ഇരിക്കും അപ്പൊ ഇപ്പോ നമുക്ക് പറയാം മനസ്സ് തന്നെയാണ് പുരുഷൻ പുരുഷൻ തന്നെയാണ് മനസ് എന്നും അപ്പൊ ഈ സവിശേഷനായിരിക്കുന്ന മനസ്സ് നിർവിശേഷമായിരിക്കുന്ന പുരുഷനും ഇതിനെയിങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ അതീതം തന്നെ ഒരു ഭാഗം നമ്മുടെ ദൈനംദിന്റെ അനുഭവവും ഒരു ഭാഗം സിദ്ധാന്തവുമാണ് ഒരു വിശേഷമായ അറിവ് എന്ന് പറയുമ്പോൾ അതൊരു സിദ്ധാന്തമാണ് അത് അംഗീകരിക്കുക അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്തിനാ ബാധ്യസ്ഥർ എന്ന് പറയുന്നത് ബന്ധം മോക്ഷമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ ഗണനിണമെങ്കിൽ അങ്ങനെ നിർവിശേഷനായ ഒരു പ്രശ്നസി ശരി ബന്ധവും മോക്ഷം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ബന്ധവും വേണ്ട മോക്ഷവും വേണ്ട അത് അംഗീകരിച്ചില്ലെങ്കിൽ എന്താ എന്താ ശാസ്ത്രം ശാസ്ത്രരക്ഷദ്വൈതിയുടെ ഒരു പുതിയ ബാധ്യതയാണ് ശാസ്ത്രം ശരിയാവണമെങ്കിൽ എന്ന് വേണമെന്ന് ബന്ധം മോക്ഷ വ്യവസ്ഥയാണ് മോക്ഷണെങ്കിൽ എന്ത് വേണം നിർവിശേഷമായും ഒരു പുരുഷനെ സിദ്ധാന്തപരമായി സ്വീകരിക്കും നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴോ പുരുഷൻ തന്നെയാണ് മനസ്സ് ഈ പല കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനുള്ളത് തന്നെയാണ് അത് തന്നെയാണ് കൂടെ പറയുക അപ്പോ മനസ്സെന്ന് പറയുന്നത് ഒരമൂർത്തമായ ഒരു വസ്തുവാണ് എന്നുവെച്ചാൽ വെയിറ്റില്ല നീളമില്ല വീതിയില്ല മണമില്ല രുചിയില്ല ഒന്നുമില്ലാത്തൊരു വസ്തുവാണ് എന്നാലും അതിൽ അനേക ജന്മങ്ങൾക്ക് കാരണമായ വാസനായ സംസ്കാരമായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇടം കൊടുക്കുന്ന ഒന്നുമാണ് മനസ്സ് വാസന അതും അതുപോലെ അമൂർത്തമായ പക്ഷെ അതിന് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശേഷിയുണ്ട് എന്താണ് കാര്യനിർവഹണം ജന്മത്തെ ഉണ്ടാക്കുക ഈ ജന്മത്തിൽ മനുഷ്യന് നിരന്തരം ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ ഉണ്ടാക്കുക ഇവിടെ പറഞ്ഞുണ്ടോ മനുഷ്യനെ കൊണ്ട് നിരന്തരം കർമ്മങ്ങൾ ചെയ്യുക ഇതെല്ലാം അമൂർത്തമായ ഈ മനസ്സിലിരിക്കുന്ന അമൂർത്തമായ വാസനയ്ക്ക് ഇതെല്ലാം ശേഷി എന്ന് പറയുന്നത് അദ്ധ്യനത്തിന്റെ സിദ്ധാന്തമാണ് അതുകൊണ്ട് ഇപ്പോ ഒരു മനുഷ്യനിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അവന് വാസനാരൂപത്തിലേ ഇരിക്കാൻ പറ്റും കേവല പുരുഷരൂപത്തിലേ ഇരിക്കാൻ പറ്റും അത് സിദ്ധാന്തപരമായി അറിയിക്കുക ഇതിലങ്ങനെ കേവല പുരുഷനായിരിക്കുന്ന ഇപ്പോ മോക്ഷത്തി മോക്ഷം വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു കേവലം അവിടെ വേണമെങ്കിൽ പറയാം എന്താണ് നിർവിശേഷ ജ്ഞാനസ്വരൂപനായി നിത്യശിദ്ധബുദ്ധമുക്തസ്വരൂപനായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷെ ഇപ്പൊ അത് സങ്കല്പിക്കാൻ പറ്റില്ല സങ്കല്പ അതീതമാണ് സങ്കല്പിക്കാൻ സങ്കല്പത്തിനപ്പുറമാണി ശേഷമായും നമുക്ക് ഇപ്പം പറയാമെന്താണ് പുരുഷൻ മനസ്സ് തന്നെയാണ് മനസ്സ് തന്നെയാണ് പുരുഷൻ തിരിച്ചും മുറിച്ചും സമസ്തമാണ് മനസ്സിന് അങ്ങനെ മനസ്സിനെ സംബന്ധിച്ച് ആധുനികമായും ഒരുപാട് ഒരുപാട് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ഒരുപാട് പേരുണ്ടാക്കിയിട്ടുള്ള മനസ്സിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പക്ഷെ ആധുനികമായ മനസ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നമ്മുടെ പാരമ്പര്യമായ വിശ്വാസം എന്ന് പറയുന്ന പ്രധാനമായ വ്യത്യാസം എന്താണ് ആധുനികമായ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അത് ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ് മനസ്സിനെ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വാസികളുടെ കാര്യമില്ല വിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ചെന്ത് ചെയ്യണം അത് വിശ്വാസം ആധുനികമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് അത് ഭൗതിക ശാസ്ത്രജ്ഞൻ ഭൗതിക ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ആളായിരുന്ന ഒരു നിർബന്ധമല്ല രണ്ട് മനുഷ്യന്റെ വിശ്വാസം വേറെയാണ് അറിവും വേറെയാണ് ഞാൻ പലവളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോ ശരീരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും മനസ്സിൽ അല്ല ശരീരത്തിൽ നിന്ന് വേർപെടുത്തി മനസ്സിന് മറ്റൊന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ട് മനുഷ്യനൊരിക്കലും പഠിച്ചു കഴിഞ്ഞ ഒന്നല്ല മനസ്സ് കുറച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് കുറവാണ് ശരീരവുമായാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കും അപ്പോ ആ കുഞ്ഞിന്റെ മനസ്സിലും മനസ്സുണ്ടത് വെച്ചത് ആഗ്രഹിക്കുന്നു ഇച്ഛിക്കുന്നു സങ്കടപ്പെടുന്നു കരയുന്നു ഇതെല്ലാം ഈ പ്രകടമായ ഭാവമാറ്റങ്ങളെല്ലാം അറിയാം അതിലൂടെയാണ് അതിന്റെ സംവേദനം കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത് അതിലൂടെയാണ് അപ്പൊ മനസ്സോടെ പ്രവർത്തിക്കുന്നത് പക്ഷെ ഇത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നങ്ങനെ മനസ്സിലാക്കാം എങ്ങനെയാണ് ശരീരം വളരുന്നത് അതനുസരിച്ച് മനസ്സ് വളരുന്നങ്ങനെയാണ് നമ്മൾക്കാര്ക്കും തന്നെ ശിശുവായിരുന്ന സമയത്ത് ലജ്ജ അങ്ങനെ വികാരം ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് വലിയ മഹാനായാലും മഹതിയായാലും അല്ല പാമ്പരനായാലും പടുപിഠിയായാലും ആരായാലും ജനിക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നു നിർലജ്ജനായി നിർലജ്ജോധിയായിട്ടിരിക്കും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല കാമ വികാരം ഉണ്ടാവുന്നില്ല അതുണ്ടാവുന്നില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എന്തുകൊണ്ടത് ഉണ്ടാവുന്നില്ല മനസ്സെപ്പോഴും ഉണ്ടല്ലോ വാസന എപ്പോഴും ഉണ്ടല്ലോ ഈ പറയുന്നതനുസരിച്ച് വാസനകൾ അവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ആ പ്രായത്തിൽ അത്തരം വികാരങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതായത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകത്തിന് ഹോർമോണുകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആരും പഠിപ്പിച്ചിട്ടല്ല ആരും ഒരു ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ ശരി ക്രമകളല്ല ഇത്തരം വികാരങ്ങളെല്ലാം പ്രകടമായി അപ്പോ അത്തരം വികാരങ്ങൾ പ്രകടമാകുന്നതിന് കാരണമായിരിക്കുന്ന എന്താണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ വികാരങ്ങളുണ്ടാകുന്നത് പിന്നെ അത് നമ്മൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ അറിയാം ശരീരത്തിന്റെ വളർച്ച എങ്ങനെയാണ് കൗമാരത്തിലേക്ക് വരുന്നു ശരീരത്തിന് ഒരുപാട് മാറ്റം വരുന്നു ഹാർമോണുകൾക്കെല്ലാം മാറ്റം വരുന്നു ബ്രെയിനിന് മാറ്റം വരുന്നു വികാരങ്ങൾ മാറുന്നു ചിന്തകൾ മാറുന്നു യൗവനത്തിലേക്ക് വരുന്നു അപ്പോൾ പല വികാരങ്ങളും എന്താണ് തീവ്രമാകുന്നത് കാമം പോലെയുള്ള വികാരങ്ങൾ മനുഷ്യന് തീവ്രമായി എന്തുകൊണ്ടും അത് സംഭവിക്കുന്നത് അതൊക്കെ ഓരോരുത്ത ശാസ്ത്രത്തിന് സമാധാനം പറയാൻ പറ്റും ഏതിനാണോ കരുണാമ ശാസ്ത്രത്തിന് സമാധാനം പറയാൻ പറ്റും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം മനുഷ്യന്റെ പ്രത്യുത്പാദനത്തിനും അതിജീവനത്തിനും അത്തരം പരിണാമങ്ങൾ ശരീരത്തിൽ സംഭവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അത്തരം വികാരങ്ങൾ പിന്നെ നമുക്ക് കുറച്ച് മുമ്പോട്ടില്ല ഈ ഹാർമോണുകളുടെയൊക്കെ പ്രവർത്തനം ദുർബലമാകുന്നു മനസ്സിന് വരുന്ന മാറ്റം നോക്കുക ഇപ്പോ അതുവരെ എത്തിയിട്ടില്ലാത്തവർക്ക് അതറിയില്ല എന്നെ പോലെ അവരെ And and <imit <imit> of course, ീ പറയുന്ന എല്ലാ വികാര വിചാരങ്ങളും ദുർബലമാകും ശോഷിച്ച് ചോഷിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് നടന്നു വാസനയാണെങ്കിൽ എന്തുകൊണ്ട് ശോഷിക്കും നിങ്ങളീ പറയുന്ന വാസനയാണെങ്കിൽ പൂർവ്വ ജന്മത്തിലെ വാസനയൊക്കെ ഇരിക്കുകയല്ലേ അത് വർദ്ധിച്ചു എന്തുകൊണ്ട് ശോഷിക്കുന്നു ദുർബലമാകും ശരീരത്തിന് വരുന്ന നമ്മുടെ ബ്രെയിനും മറ്റുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്ന സർവങ്ങൾ എല്ലാം ദുർബലമാകും പിന്നെ ശരീരത്തിന് അതിൻ്റെ ആവശ്യമില്ല ശരീരം എന്താണ് ആ പ്രത്യുത്പാദനം എന്ന് പറയുന്ന ഒരു ഘട്ടം കടന്നു ശരീരത്തിൽ അത് കടന്നു വരുന്നവർ പിന്നെ അത്തരം ഹാർമോണുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല ദുർബലമാകും എന്നാ ക്ഷീണിക്കുന്നു അപ്പോഴാണ് പിന്നെ സംയമീ ജേയേന്ദ്രീനുമൊക്കെയായി മാറുന്നത് ഇവന്റെ കഴിവൊന്നും എന്താ ഇവനെ കൊണ്ട് യൂസ്ലെസ് ആകുന്നവരെ ബാക്കി ഉള്ളാത്ത കൊണ്ടാണ് അവൻ ജിതേന്ദ്രീനാകുന്നത് ഇവന്റെ ശരീരം അങ്ങനെ ആക്കി തീർക്കുന്നതാണ് ശരീരമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പ്രത്യേകിച്ച് ദിവ്യനാകുന്ന ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറുകയും ദുർബലമാകും ചിലത് എന്റെ മനസ്സിന് വലിയ മാറ്റമൊന്നും വന്നില്ലെന്നു മാറിക്കുക കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക മാറിയേ പറ്റും അതെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റും അത് വയസ്സായിട്ടും ശരിയായി ശരിയാകും എല്ലാം എന്റെ മനസ്സിൻ്റെ നിഷ്ഠതയെല്ലാം ശരീരത്തിന്റെ പരിണാമം അനുസരിച്ച് മാറും എന്തുകൊണ്ട് അതിനുള്ള പരിണാമശാസ്ത്രമെന്നു പറയും ശരീരം അങ്ങനെ ക്രമേണ ഈ പരിണാമങ്ങളിലൂടെ ഞാൻ കടന്നുപോയി അവസാനം എന്തെയ്യുന്നു നിശ്ചലമാണോ നിശ്ചലമാവും പിന്നെ ഈ വാസന എന്ന് പറയുന്നത് എവിടെ കൊണ്ട് കൊള്ളിക്കും കൂടെ ജന്മങ്ങളിലും വാസന അതിനെവിടെയാ യോജിപ്പിക്കുന്നത് ആധുനിക ശാസ്ത്രമനുസരിച്ച് അത് പാരമ്പര്യത്തിലൂടെ വരുന്നതാണ് ഈ പാരമ്പര്യത്തിലൂടെ വരുന്ന കാര്യത്തെ കുറിച്ച് അറിവില്ലാത്ത ഒന്നാണ് പഴയകാലത്ത് എന്ത് പറഞ്ഞത് അതൊക്കെ വാസന വാസനല്ല നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ പിതാമഹന്മാരിൽ നിന്നുമൊക്കെ കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളിൽ എന്ത് ചെയ്യുന്നു പ്രബലമായും ദുർബലമായും ഒക്കെ ചെയ്യും ചിലത് പ്രബലമായിരിക്കും ചിലത് ദുർബലമായിരിക്കും സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മുടെ സ്വഭാവവിശേഷങ്ങളെയൊക്കെ തീരുമാനിക്കുന്ന എന്താണ് നമ്മുടെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഇതുവരുന്നത് മനുഷ്യന്റെ സന്താനങ്ങളെല്ലാം മനുഷ്യരായി തന്നെ പക്ഷികളുടെ സന്താനങ്ങളെല്ലാം പക്ഷികളായി തന്നെ മൃഗങ്ങളുടെ സന്താനങ്ങളെല്ലാം മൃഗങ്ങളായി തന്നെ പാരമ്പര്യ പുനർജന്മം അനുസരിച്ചില്ല പുനർജന്മം അനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനെന്തൊരു മൃഗസന്താനമായി ഇരിക്കുന്നില്ല മനുഷ്യന്റെ സന്താനമായി എന്തുകൊണ്ട് പശു ഉണ്ടാകുന്നില്ല പക്ഷി ഉണ്ടാവുന്നില്ല പൂച്ച ഉണ്ടാകുന്നില്ല പൂച്ചയിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് പൂച്ച ജനിച്ചു പാരമ്പര്യമാണ് അതിനെ തീരുമാനിക്കുന്നത് പൂർവ്വജന്മങ്ങളും നമ്മുടെ സ്വഭാവവിശേഷങ്ങളും വലിയൊരളവ് വരെ നമ്മുടെ പാരമ്പര്യമാണ് നമ്മളെ സ്വാധീനിക്കുന്നു വലിയൊരളവ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം അതിനെ തീരുമാനിക്കും മതിൽക്കെട്ടിനകത്ത് കഴിയുന്ന ഒരുപാട് പേര് അച്ചടക്കമുള്ളവരായി മര്യാദക്കാരായി കഴിയുന്നതെന്ന് കൊണ്ട് അതിനകത്ത് കഴിയുന്ന ഒറ്റക്കാരനെ കൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ തുറന്ന് പുറത്തുവിടിയാകും എങ്ങനെയായിരിക്കും യാതൊരു ഗ്യാരണ്ടിയില്ല ഒരു ഗ്യാരണ്ടി ആർക്കും പറയാം കൊടുക്കാൻ പറ്റില്ല ആ സാഹചര്യമില്ല അപ്പൊ നമ്മുടെ എന്താണ് പാരമ്പര്യവും സാഹചര്യവും രണ്ടും കൂടി ഒരു പൊരുത്തത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ശുഭവും അശുഭവും ഒക്കെ വരുന്നത് പാരമ്പര്യം ശുഭമാണോ സാഹചര്യം ശുഭമാണെങ്കിൽ പിന്നെ ശുഭമായി പാരമ്പര്യവും അശുഭവും സാഹചര്യവും അശുഭവുമാണെങ്കിൽ അശുഭമായി ഒരു സംശയത്തിൽ മനുഷ്യന്റെ ജീവിതം എന്ന് ഇങ്ങനെയാണ് മുമ്പോട്ട് മനുഷ്യന്റെ എല്ലാം എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പട്ടിക്ക് പട്ടിയെ ഉണ്ടാകുന്ന പൂച്ചയ്ക്ക് പൂച്ചയും ഉണ്ടാകുന്നതൊക്കെ മനുഷ്യന് മനുഷ്യനും ഉണ്ടാവുന്നുണ്ട് എല്ലാ പുല്ലം കൊണ്ടുവന്നു എന്തുകൊണ്ട് അത് നമ്മളെ വലിയൊരളവിൽ പിന്നെ ഇത് വ്യക്തികൾക്കനുസരിച്ച് അത് മാറിയിരിക്കും ചിലരെ സാഹചര്യങ്ങൾ കൂടുതൽ സ്വാധീനം ചിലരെ പാരമ്പര്യം കൊണ്ടൊരു സോറി അതൊക്കെ മാറി തിരിഞ്ഞു നോക്കാം അപ്പൊ മനുഷ്യൻ പുരുഷൻ എന്ന് പറയുന്നത് മനസ്സാണ് പുരുഷൻ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഇവിടെ പറയുന്നത് നമുക്ക് പരിചയമുള്ളത് നമ്മുടെ മനസ്സാണ് നമുക്ക് പരിചയമില്ലാത്ത മറ്റുള്ളവരുടെ മനസ്സാണ് നമ്മൾക്ക് പരിചയമുള്ള ആ മനസ്സ് അതന്നെയാണ് നമ്മൾ ഓരോരുത്തർ നമുക്ക് ഓരോരുത്തർ അറിയാം നമ്മൾ ആരാണ് നമ്മൾ എത്രമാത്രം നല്ലവനാണ് എത്രമാത്രം ചീത്തയാണ് എത്രമാത്രം പരോപകാരിയാണ് എത്രമാത്രം പരോപദ്രവകാരിയാണ് ഇതൊക്കെ നമുക്ക് സ്വയം അറിയാം അറിയാതിരിക്കുക അപ്പോ എന്തുകൊണ്ടത് നമ്മുടെ അനുഭവത്തിലുള്ളത് നമ്മുടെ മനസ്സാണ് ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സിദ്ധാന്തത്തിലുള്ളതാണ് പിന്നെ നമ്മുടെ ഭാവനയിലുമാണ് ഭാവനയില് പലതും നമ്മളെ സങ്കല്പിച്ചു അതാണ് ഇതാണ് പ്രേറി പലരും ഞങ്ങൾ വലിയ യോഗ്യന്മാരാണ് അനയോഗ്യന്മാരായിട്ടൊന്നും അറിയില്ല നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സാഹചര്യവും കൂടി ചേർന്ന് നമ്മൾ യോഗ്യനുമാവും അയോഗ്യനുമാവും രണ്ടു വർഗം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറയും പക്ഷെ തുടർന്നൊന്നും സമ്മതിക്കില്ലെന്നുള്ള അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് മനോഹരിപുരുഷ മനസ്സ് തന്നെയാണ് പുരുഷനെന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിന് വേണ്ടി ശരിയാണ് ഉറപ്പായിട്ട് െന്തുകൊണ്ടിങ്ങനെ ആയിരിക്കുന്നു ലോകത്ത് മറ്റൊരാള് ജീവിക്കും പോലെ അല്ലല്ലോ ഞാൻ ജീവിക്കുന്നു ഓരോരുത്തർക്കും ചിന്തിക്കുക എന്തുകൊണ്ടും മറ്റൊരാൾ ജീവിക്കും പോലെ അല്ല ഞാൻ ജീവിക്കുന്നു എന്താ കാര്യം എന്റെ മനസ്സ് ഇങ്ങനായത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ എന്റെ മനസ്സാണ് പിന്നെ എന്റെ സാഹചര്യം എന്റെ സാരി പിന്നെ ഈ പറയുന്ന മനസ്സിന് പ്രതിഭയും ശേഷിയും സാമർഥ്യവും എല്ലാം മനസ്സിനും വ്യത്യസ്തമായി വ്യത്യസ്തമായി ഒരു എന്താണ് ഒരു തേങ്ങ നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടാകുന്ന തെങ്ങ് വേറെയായിരിക്കും അതിൽ നിന്നും കിട്ടുന്ന നമ്മൾ പറയാതെ വിത്ത് നമ്മളാരും വരാറില്ല അതിന്റെ പൂർവ്വ ജന്മത്തിൽ നല്ല തെങ്ങായിരുന്നു ഈ ജന്മത്തിൽ നല്ല തെങ്ങായി എന്ന് പറയുന്നത് വിത്തുഗുണം കൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട് അറിയാതെയാണെങ്കിൽ നമ്മൾ സത്യം പറയും അതുപോലെ നമ്മള് ശരിയായിരിക്കുന്നതും നേരെ ആയിരിക്കുന്നതും അങ്ങനെ അല്ലാതിരിക്കുന്നതും ഒക്കെ വിത്തുഗുണമൊരു വലിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിനാണ് പാരമ്പര്യം നമ്മൾ വലിയ യാഥാർത്ഥ്യം മറ്റേതും മനുഷ്യന്റെ ഭാവനകളാണ് ഇതിനെ കുറിച്ചൊന്നും മനുഷ്യന് അറിവില്ലാതിരുന്ന കാര്യം മനുഷ്യന്റെ ഓരോ ഭാവനയിൽ തട്ടിപ്പൊക്കിയ കാര്യങ്ങളാണ് ബാക്കി പറയുന്നത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പം എന്തുകൊണ്ടത് അതിന് തെളിവ് നമ്മുടെ നമ്മുടെ ജീവിതം െ നമ്മള് പരിശോധിച്ചാണ് നമ്മൾ ജനിച്ച് വളർന്നു പോലെ എങ്ങനെ നമ്മളുടെ എന്തൊക്കെ മാറ്റങ്ങൾ സംബന്ധിച്ചു നമ്മുടെ ശരീരമാറ്റം അനുസരിച്ച് നമ്മുടെ മനസ്സിന് എന്തൊക്കെ മാറി എവിടെ എത്തിക്കുന്നു ഇതിനൊക്കെ ഏതെങ്കിലും പുസ്തകം നോക്കി പഠിക്കണം ഒരു പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാവർക്കും സ്വ ചിന്തിച്ചാൽ മാത്രമല്ല പുസ്തകം എന്ന് പറയുന്നത് സ്വാനുഭവം തന്നെ അവൻ അവനവന്റെ ജീവിതാനുഭവം തന്നെയാണ് അവനവന്റെ ഏറ്റവും വലിയ പുസ്തകം അത് പഠിച്ചാണ് അല്ലാതെ ഈ കട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങൾ കാണാതെ പിടിക്കേണ്ട യാതൊരു ആവശ്യം എങ്ങനെയാണ് മനുഷ്യജീവിതം മുമ്പോട്ട് പോകുന്നത് സർവ്വപ്രാണികളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സ്വയം ജീവിച്ച് മനസ്സിലാക്കിയാൽ മതി സത്യം മനസ്സിലാക്കിയിട്ട് മരിക്കുക സത്യം പറഞ്ഞിട്ട് മരിക്കുക അതാണ് എൻ്റെ ഇപ്പോഴത്തെ വാശി ആര് സ്വീകരിക്കുന്നു ആര് തള്ളിക്കളയുന്നു എന്നുള്ളത് എനിക്ക് ഞാനതിനു മുന്നിൽ വരുക പൊരുത്തന്റെ അംഗീകാരം എനിക്ക് ആവശ്യം അതിനൊന്നൊരു വിഷയമേയാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അത് പറയുക സ്വയം ബോധ്യപ്പെടുക്കുക അതാണ് അതുകൊണ്ട് ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തെ നമ്മൾ പുസ്തകമായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുക ആധുനികം പ്രാചീനം അങ്ങനെയുള്ള ശാസ്ത്രങ്ങളും നോക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കുന്നു സ്വന്തം ജീവിതം നോക്കിയാ അപ്പോൾ മനസ്സ് തന്നെയാണ് നമ്മൾ എന്റെ മനസ്സ് തന്നെയാണ് എന്റെ ഇങ്ങനെ ആയിരിക്കും ഞാനിങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്റെ ഇതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടു കാരണം എൻ്റെ മനസ്സ് തന്നെയാണ് ഇനി ഇതിന് ഞാൻ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ മനസ്സ് തന്നെയാണ് എനിക്ക് എന്താണ് എന്തെങ്കിലും ലാഭം ഞാൻ ഇല്ല നേടി എന്ന് ഞാൻ മനസ്സാണ് അല്ലെങ്കിൽ ഞാൻ നഷ്ടഭോധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതും എന്റെ മനസ്സ് ഇവിടെ എന്താണുള്ളത് മനസ്സാണ് ഞാൻ മനസ്സോ പുരുഷസ്ഫ എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെ മനസ്സിലാക്കിയ നന്നായിരുന്നു എന്താ നിങ്ങൾക്ക് സൗകര്യം പോലെ മനസ്സിലാക്കും അതുകൊണ്ടു കൂടെ വാസ്തുപതി പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിൽ വളരെ ശരിയായ കാര്യമാണ് മനുഷ്യന്റെ ജീവിതാനുഭവമായിട്ട് അതിനെ മനസ്സിലാക്കിയാണ് ഈ പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന് അതിവേറെ വിശേഷതകളൊന്നും പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കെട്ടിപ്പൊക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാം വേറെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ബഹുദൂരെ സഞ്ചരിച്ച് അങ്ങനൊരു കുഴപ്പം വേണം മറ്റൊരു കാര്യം അതിനെ പഠിക്കാൻ കൊള്ളാം അത്രയേ ഉള്ളൂ പഠിക്കുന്നതിന് മനുഷ്യൻ പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അജീവിതത്തെ കണ്ടു പഠിക്കുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അജീവിതത്തെ മനസ്സിലാക്കുന്നത് തന്നെയാണ് യഥാർത്ഥം ഇത് ഒരാട് കാര്യങ്ങളനുഷ്യുടെയും സർവപ്രാണികളുടെയും ജീവിതം ഇങ്ങനെ തന്നെ പോകുന്നത് മനസ്സിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മരണം വരെ അവൻ മനസ്സിനനുസരിച്ച് തന്നെയാണ് അജീവിക്കുന്നത് അപ്പോ മനസ്സാണ് പുരുഷൻ എന്ന് പറയുന്നതിന് എന്താ ദോഷം പിന്നെ നിങ്ങളതിനോട് അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് വിശ്വസിക്കാൻ പറഞ്ഞ ഞാൻ പറയും ഇതല്ല ഇതിനപ്പുറം നിർവിശേഷനായ കൂടസ്ഥനായ നിത്യശുദ്ധ ബുദ്ധമുക്തനായ ഒരു പുരുഷനുണ്ടെന്ന് ഞാൻ പറയും അത് പറയുന്നത് അദ്വൈത സിദ്ധാന്തമാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം അതുപോലെ ഈ പറയുന്നത് അനുഭവത്തിൽ വരുന്ന കാര്യമാണ് പിന്നെ പഴയകാലത്ത് മനുഷ്യനതിനെ കുറിച്ച് ചിന്തിക്കില്ല ഇന്ന് ആധുനികമായ ശാസ്ത്രവും ഇത് സമ്മതിക്കുന്ന കാര്യമാണ് മനസ്സ് തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്നത് പിന്നെ ഇത് പറയുന്നത് കൊണ്ട് മനസ്സിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും അർത്ഥമില്ല കാരണം എന്തുകൊണ്ട് മനസ്സെന്ന് പറയുന്നത് മനുഷ്യൻ ഇതുവരെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും പിടികൊടുക്കും ഒരു സാധനം അല്ല നമുക്ക് മനസ്സിലാക്കിയെടുത്തോടെ പറയാൻ പറ്റും ഇന്ന് എന്താണ് ബ്രെയിൻ ഡിപ്പെൻഡന്റ് മൈൻഡാണോ അതോ ബ്രെയിൻ ഇൻഡിപ്പെൻഡന്റ് മൈൻഡാണോ ചോദിച്ചാൽ സയൻസിനൊന്നും ഉത്തരവില്ല കൃത്യമായ ഉത്തരവുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ വളരെ എന്താണ് സങ്കീർണ്ണമായ വിഷയങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളിലും മനുഷ്യന് ഉത്തരം കിട്ടും അതംഗീകരിക്കും ഞാൻ അതിനെ കുറിച്ചല്ലോ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയണം ജീവിതം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് അത് നമ്മുടെ അനുഭവമാണ് അതിന് തർക്കിക്കാൻ ആർക്കും കഴിയത്തില്ല അനുഭവത്തിൽ വ്യക്തമാവുന്ന കാര്യമാണ് അതുകൊണ്ടിവിടെ പറയുന്നതാണ് വാസനാണെന്ന് പറയുന്നത് മനസ്സാണ് അത് ശരിയാണ് മനോഹിത്വസ്ഥ മനസ്സെന്ന് പറയുന്നത് തന്നെയാണ് പുരുഷ താൻ താനെന്ന വ്യക്തി അതും മനസ്സ് തന്നെയാണ് യൈവം താല് കർമ്മമാണ് കർമ്മ സാധവ മനോഹിതം മനോഹി പുരുഷത്തസ്മ ദൈവം നാസ്തീന്ന് അത് എന്ന് ദൈവം എന്ന വിധി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ കർമ്മങ്ങൾ തന്നെയാണ് ഇവിടെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത ദൈവം കാലി കർമാണിന്ന് ചെയ്ത കർമ്മങ്ങളാണ് ഇപ്പൊ വിധിയായി നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഒരു ശരിയാണ് ഇവിടെ എന്ത് നമ്മൾ യാദർ ചെയ്യുമെന്ന് കരുതുന്നു അതിന് എണ്ണ പിന്നെ ഒരു കാരണം ആ കാരണം നമുക്കറിയാത്തോണ്ടാണ് നമ്മൾ യാദൃശ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് യാദൃശ്യം എന്ന് പറയുന്നത് തെറ്റില്ല യാതൃശ്യമെന്ന് പറഞ്ഞാൽ അതിന് കാരണം നമുക്കറിയില്ല കാരണം ഇല്ലെന്നല്ല അതുകൊണ്ട് യാദൃശ്യമെന്ന് പറയാം നമുക്കറിയില്ലല്ലോ ഒരാക്സിഡന്റ് സംഭവത്തിൽ എന്തുകൊണ്ട് നമുക്കറിയാം ഇത് കാരണമില്ലെന്നാണ് അത് കാരണം അപ്പൊ ആ കാരണങ്ങളെ ഇവിടെ പൊതുവെ പറയുന്നതെന്നാണ് കർമ്മമാണ് ഈ കർമ്മങ്ങളാണ് അവന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ലാതെ ഇപ്പോഴത്തെ ഈ ജന്മത്തിൽ ഗുണങ്ങൾ സംഭവിച്ചാലും ദോഷങ്ങൾ സംഭവിച്ചാലും അതെല്ലാം പൂർവജന്മങ്ങളുടെ കർമ്മം കർമ്മഫലമാണ് ഇതൊരു വിശ്വാസമാണ് അതാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു നിങ്ങൾ പറയുന്നു കർമ്മങ്ങളെന്ന് വിളിക്കും ആണ് ദൈവം കാര്യങ്ങളും കർമ്മസാധുവും മനോഹര സാധുവും അല്ലെങ്കിൽ ഒരാ കർമ്മ എന്ന് പറയുന്ന എന്താണ് അത് മനസ്സാണ് കർമ്മം മനസ്സെന്ന് പറയേണ്ട കാരണം മനസ്സൊന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല അവര് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം സങ്കല്പിക്കണം സങ്കല്പം മൂലമായിട്ടാണ് കർമ്മങ്ങൾ നടന്നത് ഏത് തരത്തിലുള്ള പ്രവൃത്തിയായി ഇപ്പൊ പ്രവൃത്തിക്ക് മുമ്പ് സങ്കല്പം വരുന്നതുകൊണ്ട് പറയുന്നു കർമ്മമാണ് അപ്പോ ചെറു ചോദിച്ചു എല്ലാ പ്രവൃത്തി സങ്കല്പം കൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തു പറയുന്നു എല്ലാ പ്രവൃത്തി അല്ല ചേഷ്ടകൾ അതായത് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈകാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചേഷ്ടകള് സംഭവിക്കുന്നുണ്ട് കാലനങ്ങൾ കൈ അനങ്ങുന്നുണ്ട് ഞാൻ കൈയ്യെടുത്ത് അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട് തൊടുന്നുണ്ട് ഇതൊക്കെ ഞാൻ സങ്കല്പിച്ചിട്ടാണ് ഞാൻ കൈ എടുത്ത് കാലില് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ടോ അല്ല നമ്മള് കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സങ്കല്പിച്ച് ചെയ്യുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർത്താം എന്ന് ഞാൻ സങ്കല്പിച്ച് നിർത്തുന്നു എല്ലാ പ്രവൃത്തികളും സങ്കല്പപൂർവമായിട്ടുണ്ട് അതിന് സങ്കല്പപൂർവകമാണ് പ്രോട്ടീൻ എന്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനു ശ്വാസോച്ഛ്വാസം പോലും സങ്കല്പിച്ചല്ല ചെയ്യുന്നു സങ്കല്പിച്ചാൽ ചെയ്യാനും പറ്റത്തില്ല സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് വേണമെങ്കിൽ പ്രാണായാമം സങ്കല്പിച്ചിട്ടില്ല കൃത്രിവുമായി നല്ല സ്വാഭാവികമായി നിറഞ്ഞി സങ്കല്പിച്ചിരുന്നില്ല അതുപോലെ എന്റെ സർവശാരീരിക ചേഷ്ടകളും ഞാൻ ചൊറിയുന്നതോ മാന്തുന്നതോ എന്റെ ദേഹത്തിൽ എല്ലാം എന്താണോ കൂടുതൽ ജന്മകർമ്മ ഫലങ്ങൾ എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഒരു കർമ്മവും ശ്വാസോച്ഛ്വാസം പൂർവജന്മം കർമ്മഫലമായിട്ടാണ് ഈ ശ്വാസോച്ഛ്വാസം നൽകുന്നത് എപ്പോഴാണോ ആ കർമ്മവാസം നശിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല മരിച്ചത് ഇതാണ് പറയുന്നത് കർമ്മസിദ്ധാന്തം അങ്ങനെയാണ് പറയുന്നത് ഓരോ പ്രവൃത്തിയും ശരി കേവല ജേഷ്ഠകളും കർമ്മഫലമാണ് അത് നമുക്കറിയില്ലല്ലോ അറിയില്ല പക്ഷെ ഇങ്ങനെ അറിയും ശാസ്ത്ര പ്രമാണം കൊണ്ടറിയണം അതെല്ലാം കൂടുതൽ ജന്മത്തില് കർമ്മം കൊണ്ട് ഫലമായ അത് കർമ്മവിശ്വാസത്തെ സംബന്ധിച്ച് ഇവിടെ ഭാരതീയമായ ഒരു വിശ്വാസം എന്നേ പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിശ്വാസികളും അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം എന്താണ് നമ്മുടെ ശരീരത്തിലെ ലക്ഷോപലക്ഷം കോശങ്ങൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏത് കർമ്മം എങ്ങനെ സംഭവങ്ങൾ എങ്ങനെ നടക്കുന്നു എല്ലാം കർമ്മം തന്നെ കർമ്മം കൊണ്ട് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണ് പരണാമശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ എന്താണ് അത് പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ് അത് പരിണാമ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ അത് എന്തിനു വേണ്ടി ശരീരത്തെ എന്താ നോക്കാൻ വേണ്ടി അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ഈ ദൈവം കാര്യ കർമാണി കർമ്മ സ്വഭാവവും നിറഞ്ഞു കർമ്മം എന്ന് പറയുന്നത് മനസ്സാണ് സങ്കല്പിച്ച് കർമ്മം ചെയ്യുന്നുണ്ട് ഈ ജന്മനും കൂട ജന്മങ്ങൾ മനോഹര പുരുഷൻ വീണ്ടും പറയും അതുകൊണ്ടെന്താണ് ഈ ജീവൻ സ്മാ അതല്ലാതെ ദൈവമില്ല വിധിയില്ല എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒന്നുമില്ല എല്ലാം കർമ്മഫലമായി സംഭവിക്കുന്നു അതാണ് വിധിയില്ലെന്നുകൂടി നമ്മൾ വിധിയെന്ന് കരുതുന്നത് എന്നുവെച്ചാൽ ലോട്ടറി അടിക്കുന്നത് വിധിയാണെന്നു ഇവരെ അല്ല കൂടുതൽ ജന്മത്തിൽ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ലോട്ടറിയിടിച്ചു അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മഫലമായി കാര്യകാരണം ബന്ധമായിട്ടുണ്ടാവുകയും സംഭവിക്കുന്നു പക്ഷെ ആ കാരണം എന്ന് പറയുന്നത് ജീവകർമ്മമാണ് അതാണ് അല്ല വേർത്ത് പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു കാര്യകാരണവുണ്ടാകും അതിനെ വ്യത്യാസം ഇവിടെ ജീവചൈതന്യത്തെ സ്വീകരിക്കുമ്പോൾ ആ ജീവചൈതന്യത്തിൽ നടക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ പ്രകൃതിയിൽ തനിക്ക് വരുന്ന അനുകൂല പ്രതികൂലങ്ങളെല്ലാം ബാഹ്യമായി സംഭവിക്കുന്ന പോലെ എന്നാണ് അവിടെ പറയുന്നത് സയൻസിൽ പറയുന്ന ഡെറ്റോമിനിസം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുണ്ട് വേറെയാ പറയാ അതെന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭൗതികമായ ചില നിയമങ്ങളിൽ നിയമങ്ങൾക്ക് വ്യവസ്ഥമായി തീരുമാനിക്കപ്പെട്ട രീതിയിൽ പോകുന്നു മനുഷ്യൻ പ്രവചിക്കാൻ പറ്റിയ കാര്യമാണ് ഭൗതിക നിയമങ്ങൾ വിധേയമായി എല്ലാം പ്രവർത്തിച്ചു ഒന്ന് യാദർച്ഛികമല്ല യാദൃശ്യമായിട്ടൊന്നും സമ്മതിക്കും എല്ലാത്തിന്റെയും ഭൗതിക നിയമങ്ങളായി നിയന്ത്രിക്കും എല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിയും രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വർഷത്തിൽ ആകാശത്ത് നിന്ന് ഒരു ഉൾക്കാവുന്ന ഭൂമിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തീരുമാനിക്കപ്പെട്ടതായിരിക്കും ഇപ്പോഴും തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു യാദർച്ഛമായി സംഭവിക്കുന്നുണ്ട് പ്രവൃത്തി നിയമങ്ങളിൽ അതിപ്പോഴും എവിടെ നിന്ന് സഞ്ചരിച്ചു ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോളിൽ നിന്ന് സഞ്ചരിക്കുകയാണ് ആ സഞ്ചാരപഥത്തിൽ അത് ഭൂമിയുടെ ഭ്രമണബോധത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ വന്നിടിക്കുന്നത് അത് പതിനായിരം കൊല്ലം കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ അതിപ്പോ ഇതാണ് ഡിറ്റർമൻസ് അതിന് പിന്നിൽ പ്രപഞ്ച നിയമങ്ങളാണ് ജീവചൈതന്യമോ ജീവന്റെ കർമ്മങ്ങളോ അല്ല ഇതൊക്കെ രണ്ടും രണ്ടാണ് ഇവിടെ എന്താണ് ഇവിടെ എല്ലാം ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ജീവൻ എന്ന് പറയുന്ന ഒരു ചൈതന്യ വിശേഷം ആ ജീവന്റെ കർമ്മങ്ങൾ അതിനെ ചുരുപ്പിച്ചു എന്തുകൊണ്ട് ഇവിടെ എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു പുനർജന്മനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവചൈതന്യത്തിൽ പ്രധാന ഭൗതികത്തിലെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു പരിണാമവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് പക്ഷെ നമുക്കത് പ്രവചിക്കാനോ കണക്കുകൂടാനും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികാസത്തെ പ്രാവച്ചിട്ടുള്ള ഭാവിയിലത് വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആയിരമോ രണ്ടായിരമോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത് കൃത്യമായി മനുഷ്യൻ പ്രവചിച്ചെന്നിരുന്നു ജ്യോതിഷത്തിലൂടെയല്ലേ ഇപ്പം മനുഷ്യന്തിനെ കുറിച്ചവിടെ അറുപത് വരും മനസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ അതിനെ കുറിച്ചും മനസ്സിനും മനുഷ്യന് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് അറിഞ്ഞിനെ കുറിച്ചൊക്കെ ഉള്ള ഇന്നത്തെ അറിവ് വളരെ കമ്മിയാണ് അപ്പൊ പിന്നെ ആയിരം രണ്ടായിരം വർഷം മുമ്പൊക്കെ മനുഷ്യനെങ്ങനെയതിനെ കുറിച്ചൊക്കെ ഒരു ശരിയായ അറിവുണ്ടാകുന്ന സാധ്യതകൾ വളരെ കുറവാണ് എന്നാലും അവരെ ഒരുപാട് പരിശ്രമിച്ച് ചിന്തിച്ച് അവരും എന്ത് ചെയ്തു ഓരോ ആചാര്യന്മാർ ഓരോരോ സിദ്ധാന്തങ്ങളും അതായത് സംഖ്യവും യോഗവും അദ്വൈതവും ഇഷ്ടമാണ് അതില് അത്യേറ്റൊരു നിലപാടാണ് ഇവിടെ പറയുന്നത് എന്താണ് മനോഹര പുരുഷ മനസാപൈവെന്നാ സ്ഥിതിച്ച് ഇവിടെ ആദർച്ഛികമായൊന്നുമില്ല എനിക്ക് സംഭവിക്കുന്നത് എന്താണ് എന്റെ കർമ്മത്തിന്റെ ഫലം നിനക്ക് സംഭവിക്കുന്നത് നിന്റെ കർമ്മത്തിന്റെ ഫലം എന്റെയും നിന്റെയും കർമ്മങ്ങൾ ഒരുപോലെയാകുകയും നമ്മുടെ രണ്ടുപേരെയും കർമ്മങ്ങളുടെ ഫലം ഒരുപോലെ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ ഫലം കിട്ടും അതാണ് പ്രളയവും ഗ്രന്ഥവും ഒക്കെ പൊതുവായി കിട്ടില്ല കൊറോണയിൽ പൊതുവായി വരുന്നവരെ നമ്മൾ ഒരേ കർമ്മം ചെയ്ത് ഒരേ ഫലം നമുക്ക് വരും നമ്മൾ ഒരേപോലെ അനുഭവിക്കുന്നു ഇത് കർമ്മവിശ്വാസം അതുകൊണ്ട് എന്തായാലും ഇവിടെ കാര്യകാരണ ബദ്ധമാണല്ല അതുകൊണ്ട് വിധി യാത്ര അങ്ങനെയൊന്നുമില്ല എന്ന് ഇവിടെ പറയുന്നത്